ധ്യായം ഇരുപത്തി മൂന്ന് നീ അധിപതിയോടുകൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഇരിക്കുന്നവൻ ആരെന്ന് കരുതിക്കൊള്ളുക നീ ഭോജനപ്രിയൻ ആകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചുകൊള്ളുക അവന്റെ സ്വാദുഭോജനങ്ങളെ കൊതിക്കരുത് അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ ധനവാനാകേണ്ടതിന് പണിപ്പെടരുത് അതിനായുള്ള ബുദ്ധി വിട്ടുകള നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന് അത് ഇല്ലാതെയായിപ്പോകുമല്ലോ കഴുകൻ ആകാശത്തേക്ക് പോലെ അത് ചിറകെടുത്ത് പറന്നുകളയും കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത് അവന്റെ സ്വാദുഭോജ്യങ്ങളെ ിക്കുകരുത് അവൻ തന്റെ മനസ്സിൽ കണക്കു കൂട്ടുന്നത് പോലെയാകുന്നു തിന്ന് കുടിച്ചുകൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും അവന്റെ ഹൃദയമോ നിനക്കനുകൂലമല്ല നീ തിന്ന കഷ്ണം ഛർദിച്ചു പോകും നിന്റെ മാധുര്യ നഷ്ടമായെന്നും വരും ഫോഷൻ കേൾക്കെ നീ സംസാരിക്കരുത് അവൻ നിന്റെ വാക്കുകളുടെ ജ്ഞാനത്തെ നിരസിച്ചു കളയും പണ്ടേയുള്ള അതിർ നീക്കരുത് അനാഥന്മാരുടെ നിലം ആക്രമിക്കുകയുമരുത് അവരുടെ പ്രതികാരകൻ ബലവാനല്ലു നിന്നോടുള്ള വ്യവഹാരം അവൻ നടത്തും നിന്റെ ഹൃദയം പ്രബോധനത്തിനും നിന്റെ ചിവി പരിജ്ഞാന വചനങ്ങൾക്കും ിക്കാം ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത് വടികൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകയില്ല വടികൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും മകനെ നിന്റെ ഹൃദയം ജ്ഞാനത്തെ പഠിച്ചാൽ എന്റെ ഹൃദയവും സന്തോഷിക്കും നിന്റെ അധരം നേർ സംസാരിച്ചാൽ എന്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത് നീ എല്ലായ്പ്പോഴും യഹോഭക്തിയോടിരിക്കാം ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല മകനെ കേട്ട് ജ്ഞാനം പഠിക്കാം നിന്റെ ഹൃദയത്തെ നേർവഴിയിൽ നടത്തിക്കൊള്ളുക നീ വീഞ്ഞുകുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജനപ്രിയരുടെ ഇടയിലും ഇരിക്കരുത് കുടിയനും അതിഭക്ഷകനും ദരിദ്രരായിത്തീരും നിദ്രാലുത്വം പഴന്തുണി കുടുക്കുമാറാക്കും നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്കുകേൾക്കാം നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത് നീ സത്യം വിൽക്കയല്ല വാങ്ങുകയത്രേ വേണ്ടത് ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ നീതിമാന്റെ അപ്പൻ ഏറ്റവും ആനന്ദിക്കും ജ്ഞാനിയുടെ ജനകൻ അവനിൽ സന്തോഷിക്കും നിന്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ വേശ്യാസ്ത്രീ ആഴമുള്ള കുഴിയും പരസ്ത്രീ ഇടുക്കമുള്ള കിണറുമാകുന്നു അവൾ പിടിച്ചുപറിക്കാരനെപ്പോലെ പതിയിരിക്കുന്നു മനുഷ്യരിൽ ദ്രോഹികളെ വർദ്ധിപ്പിക്കുന്നു ആർക്ക് കഷ്ടം ആർക്ക് സങ്കടം ആർക്ക് കലഹം ആർക്ക് ആവലാതി ആർക്ക് അനാവശ്യമായ മുറിവുകൾ ആർക്ക് കൺചുവ് വീഞ്ഞുകുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും തന്നെ ീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത് ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും അണലി പോലെ ഒത്തും നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും നിന്റെ ഹൃദയം വക്രത പറയും നീ നടുക്കടലിൽ ശയിക്കുന്നവനെപ്പോലെയും പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെപ്പോലെയും ആകും അവർ എന്നെ അടിച്ചു എനിക്ക് നൊന്ദ അവർ എന്നെ തല്ലി ഞാൻ അറിഞ്ഞതുമില്ല ഞാൻ എപ്പോൾ ഉണരും ഞാൻ ഇനിയും അത് തന്നെ തേടും എന്ന് നീ പറയും